saladu wa alaykum wa rahmatullahi wa barakatuh alhamdulillahi rabbilalameen wassalatu wassalamu ala aşrahfil mursaleen wa yalali hii baa sahabihi ajmain a lighting awolidhubillahi min a guests bismillahi r什麼 yaa ayyuhaladzina amunuttaqu al mamla wakunu標 sadaqallahul alayyul aamim സമസ്ത കേരള ജമിയത്തുളമയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് വാബ് മുസലിയാർ ബഹുമാനപ്പെട്ട ജമിയത്തുൽ മുലിമീൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാ ഉദ്ദീൻ മുസ്ലിയാർ സമസ്ത മുഷാബറ നമ്മുടെ സഹപ്രവർത്തകൻ ബഹുമാനപ്പെട്ട പി പി മുഹമ്മദ് ഫൈദി കോഴിക്കോട് ഖാദി ജങ്ങളിൽ ലലി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈദി സ്റ്റേജിലും സദസ്സിലും ഒത്തുചേർന്ന സാദാത്തുക്കൾ പണ്ഡിതന്മാർ സഹോദരന്മാരെ ഈ ഒത്തുചേരൽ ഒരു സാലിഹാ അമിലായി അള്ളാവ് കബൂൽ ചെയ്യുമാറാവട്ടെ മുസ്ലിം ലോകത്തിൻ്റെ ചലനങ്ങൾ എൺപതുകൾ തൊട്ട് ആരംഭിക്കുകയാണ് അതിൽ മുസ്ലിംകൾ എന്ന പേരിൽ ഉള്ള ആളുകൾ ഇസ്ലാമിന് പുറത്തുള്ള കാതിയാനികൾ അവരുടേതും അന്താരാഷ്ട്ര ലെവലിൽ മുസ്ലിങ്ങളുടെ ചലനമായി കണക്കാക്കുന്നുവെങ്കിലും ആ വിഭാഗത്തെ നമ്മൾ വിടുകയാണ് ഇസ്ലാമിൽ നിന്ന് അവർ പുറത്താണ് എന്ന് മുസ്ലിം ലോകം ഇത്തിഫാക്കായിട്ടുള്ളതാണ് രണ്ടാമത്തെ ചലനം എൺപതുകളിൽ ഇറാൻ വഴി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിച്ചതും ക്ഷേ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതുമാണ് പക്ഷേ പലപ്പോഴും മുസ്ലിങ്ങളുടെ പൊതു താല്പര്യത്തിലും അവരിടപെടുകയും പലപ്പോഴും അതിൻ്റെ മുൻപന്തിയിലെത്താനായി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എൺപത്തി ഒന്നിൽ ഹജ്ജന് പോയ സന്ദർഭം സൗദിയിൽ പ്രകടനം നടത്താൻ പാടില്ല എന്നും ആ നിയമം നിലവിലുണ്ട് പ്രകടനം നടത്താൻ പാടില്ല മുദ്രാവാക്യം പാടില്ല എന്ന ഒരവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ സുപ്രധാനമായ പല ഭാഗങ്ങളിൽ കൂടിയും ഇറാൻകാർ പ്രകടനം നടത്തുകയും പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ശബ്ദം എത്തിക്കാൻ അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്തു കുറച്ച് ചെയ്തും ഒരു ഇരുപത്തഞ്ച് മുപ്പതാള് കൂടി നടത്തുന്ന ഒരു പ്രകടനം തന്ത്രപരമായ തന്ത്ര പ്രകടനം ഇരുപത്തഞ്ചാൾ അറസ്റ്റ് കൊണ്ടുപോയി ചെയ്തു പോയാൽ അത് വെച്ച സ്ഥലത്തുനിന്ന് രണ്ടാമതൊരു ഇരുപത്തഞ്ചാൾ ഇവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയ ആ പോയിന്റിൽ നിന്ന് വേറെ ഒരു ഇരുപത്തഞ്ച് പേരറങ്ങി മുദ്രാവാക്യം മുഴക്കുന്നു മുദ്രാവാക്യത്തിൽ പല ആളുകളെയും ആകർഷിച്ചത് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും അതുപോലെ മറ്റു വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും ഹജ്ജിന് വന്നിട്ടുള്ള ആളുകളെ കൂടുതൽ ആകർഷിച്ചത് അവരുടെ മുദ്രാവാക്യമാണ് ലാഷർക്കി ലാ ലാ ലാറൂസി ഇസ്ലാമി ഇസ്ലാമി അള്ളാഹു വച്ച്ബർ അതാണ് അവിടെ മുദ്രാവാക്യം ഷൊർക്കൂല്ല അർക്കൂല്ല അതിന് നാം താൽപ്പര്യം കാണിക്കേണ്ടതില്ല അവർക്ക് മുൻഗണന അമേരിക്കനെ മുന്തിച്ച് റഷ്യനെ പിന്നിലാക്കി റഷ്യനെ മുന്തിച്ച് അമേരിക്കനെ പിന്തിലാക്കി ഈ രണ്ട് നിരക്കുള്ള അവസ്ഥ ഒരു കാലത്ത് നോൺ അലൈൻ പോളിസി എന്ന് പറയുന്ന ചേരുചേരാ പ്രസ്ഥാനം അതിൽ ഇന്ത്യക്ക് വളരെ മുമ്പിൽ പക്ഷെ അമേരിക്കയും റഷ്യയും അല്ലാത്ത ഒരു വഴി അന്ന് ചേരിച്ചേരാ പ്രസ്ഥാനത്തെ പറ്റി ആളുകൾ മനസ്സിലാക്കിയിരുന്നത് അതിൻ്റെ അധ്യക്ഷ ഇന്ത്യ വഹിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ലോകരാജ്യങ്ങളിൽ ഇന്ത്യ മുമ്പിൽ വന്നിട്ടുണ്ട് അത് പിന്നീട് നഷ്ടപ്പെട്ടത് വേറൊരു കാര്യം പക്ഷെ അന്നത്തെ മുദ്രാവാക്യത്തിൽ ഏതാണ്ട് ഈ ചേരിചാര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു നിലയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇറാൻ അതൊന്നും നോക്കിയിട്ടല്ല അങ്ങനെ ലോകത്തിൽ ഒരുപാട് ആളുകളിടയിൽ സ്വാധീനം പിടിച്ചുപറ്റി ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടുകാരായ പല ആ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അവരുണ്ടായിരുന്നു എന്നർത്ഥം ലാഷർക്കി ലാഹർബി ലാറു ആ മീക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഇസ്ലാമി ഇസ്ലാമി പിന്നെ അള്ളാഹു വച്ച്ബർ അള്ളാഹു അക്ബർ എന്നാണ് പക്ഷെ അവരെ ഭാഷ അങ്ങനെയാണ് അള്ളാഹു വച്ചബർ അള്ളാഹു വച്ച്ബർ അള്ളാഹുവാണ് ഏറ്റവും മഹാൻ എന്ന ആ മുദ്രാവാക്യമാണ് മുഴക്കിയത് അന്ന് പ്രത്യേകമായ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു ഷാന്റെ ഭരണകാലം അതിൽ നിന്ന് ഹുമേനെ നേതാവാക്കി മറ്റുള്ളവരെ പുറന്തള്ളപ്പെട്ട സന്ദർഭം അപ്പോഴാണ് അവരുടെ സമ്പത്ത് മുഴുവനും അമേരിക്ക ബാൻ ചെയ്തത് ഈ കഥ അന്ന് പത്രം വായിക്കുന്നവർക്കും ഇന്നത്തെ ചരിത്ര വിദ്യാർത്ഥികൾക്കും അറിയുന്നതാണ് ഇറാന്റെ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഇറാന്റെ സമ്പത്താണ് അത് നിങ്ങളാരിതുമല്ല അവരുടെ ഭാഷയിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഫാദറും കൂടി ഉണ്ട് നിങ്ങളെ ഫാദറിൻ്റെതൊന്നുമല്ല ഞങ്ങളതാണെന്നാ ഇന്നത്തെ ഇറാന്റെ നേതാവ് നിജാദ് അദ്ദേഹമായിരുന്നു അന്ന് വിദ്യാർത്ഥികളുടെ നേതാവ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന ആളുകൾ നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്ത് ിലെ അമേരിക്കയുടെ അംബാസഡർമാരെയും അംബാസഡർ എംബസി ഉദ്യോഗസ്ഥന്മാരെ തടവിലാക്കുകയും ചെയ്തു ബന്ദികളാക്കി ഞങ്ങളെ പൈസ തന്നാൽ നിങ്ങളാളെ തരും പൈസ നിങ്ങൾ ബാൻ ചെയ്താൽ നിങ്ങളാൾ ഒളിച്ചം കാണൂരാന്ന് അതാണ് ഏകദേശം ഒരു രക്തം തളക്കുന്ന കുട്ടികളൊക്കെ അതിൻ്റെ പിന്നാലെ കൂടിപ്പോയി ശരി ആയിട്ടൊന്നുമല്ല ആ പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ കൂടി നൃത്തം ചിലവർക്ക് റഷ്യനോട് എതിർപ്പുള്ളവരുണ്ട് ചിലവർക്ക് അമേരിക്കനോട് എതിർപ്പുള്ളവർ എന്നാൽ പിന്നെ നമ്മളെ ആളുകളെ ഞങ്ങൾ മോചിപ്പിക്കാൻ നോക്കട്ടെ എന്നാ മാർഗം അതിനെല്ലാ സൗകര്യവും ഉണ്ടല്ലോ അമേരിക്കക്ക് അമേരിക്കൻ്റെ സർവ്വ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഇവരെ ബന്ദികളാക്കി ബന്ദികളെ മോചിപ്പിക്കാനുള്ള വിമാനം വന്നു ഇറാനിലേക്ക് സ്കൂൾ കുട്ടികളതിന് ഫയർ ചെയ്ത് തള്ളിയിട്ടു യന്ത്ര തകരാറാണെന്നാണ് അമേരിക്കൻ്റെ പ്രസ്താവന വന്നത് യന്ത്ര തകരാറായിരുന്നു ഞങ്ങളാണ് വെടിവെച്ചതെന്ന് പോലെ അപ്പം പറഞ്ഞൂല്ല പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ചില ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങിയത് അന്ന് തന്നെ ലോകകാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വെടിവെച്ചിട്ടതാണോ രണ്ട് വിമാനം മൂന്ന് എന്നൊക്കെ പല ആളുകളിലും ധാരണയുണ്ടായിരുന്നു അത് അവസാനം അമേരിക്ക ഇവരെ മുന്നിൽ ചെറുതാകേണ്ടി വന്നു അതായിരുന്നു അന്നത്തെ കഥ ആ കഥ കഴിഞ്ഞു പോകുന്നു ഇത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിടയിൽ ഒരു സന്തോഷമുണ്ടായിരുന്ന കാര്യമാണ് കാരണം തൊള്ളായിരത്തി അറുപത്തി നാല് ദിവസത്തെ ജൂൺ മാസത്തിലെ ഫസ്റ്റ് വീക്കിലുണ്ടായ നാല് ദിവസം കൊണ്ടു യുദ്ധം കൊണ്ട് ഇസ്രായേലിൻ്റെ മൂന്നിരട്ടി പ്രദേശം കൈവശപ്പെടുത്തി ീജിപ്തിൻ്റെ രാജാ മരുഭൂമി മുഴുവനും രാജാപ്രദേശം മുഴുവനും അതുപോലെ ജോർദാ നദിയുടെ പടിഞ്ഞാറക്കരയും സിറിയന്റെ ജൂരാൻ കുന്നുകളും നാല് ദിവസത്തെ യുദ്ധം കൊണ്ട് അവർ അധീനപ്പെടുത്തി ആ കഥ അവസാനിച്ചു നിൽക്കുന്ന ദുഃഖകരമായ ഒരവസ്ഥ ഉള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പൊ ഏതെങ്കിലും ആളുകൾ വഴിയായി ചെറിയൊരു വേദന അവർക്കുണ്ടാവണം എന്നാഗ്രഹിച്ചവരായിരുന്നു അന്ന് പലരും ആ കഥ കഴിഞ്ഞു പിന്നെ എന്നും കുഴപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലും കുഴപ്പം അഫ്ഗാനിസ്ഥാനിലെ കുഴപ്പം ശരിക്കു തുടങ്ങുന്നത് അഫ്ഗാനിസ്ഥാനിൽ റഷ്യ ഇടപെട്ടതാണ് റഷ്യ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ മുസ്ലിം പ്രദേശങ്ങൾ അഫ്ഗാൻ്റെ ചുറ്റുവട്ടത്തിലുള്ള പ്രദേശങ്ങൾ റഷ്യയിലുള്ള പ്രദേശം ചൈനയിലുള്ള പ്രദേശം തുർക്കിസ്ഥാൻ ഈസ്റ്റ് തുർക്കിസ്ഥാൻ വെസ്റ്റ് തുർക്കിസ്ഥാൻ ഈസ്റ്റ് ഇന്നും ചൈനയിൽ തന്നെ നിലനിൽക്കുന്നു ചെറിയ ഒരു സ്വാതന്ത്ര്യമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കാര്യമായ സ്വാതന്ത്ര്യം അവർ ഇപ്പോഴും നേടിയിട്ടില്ല പക്ഷേ തുർക്കിസ്ഥാൻ വെസ്റ്റിനുള്ള നാലഞ്ച് രാജ്യങ്ങൾ ഒന്നെന്നായി സഫൻ സഫ അവർക്ക് അണിയണികളായി കൂട്ടം കൂട്ടങ്ങളായി സ്വാതന്ത്ര്യമായി പക്ഷെ അൻപത് വർഷക്കാലം ഇസ്ലാമിൽ നിന്ന് പുറത്തുനിന്ന ആളുകൾക്ക് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ മനസ്സിലാക്കാൻ ഒരേ പ്രയാസമുണ്ടായിരുന്നു അതിനിടയിലാണ് റഷ്യ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ കയറിക്കൂടിയത് അവിടുന്ന് റഷ്യനെ തുരത്തണമെന്ന് അമേരിക്കക്കൊരാഗ്രഹം ആ ആഗ്രഹത്തെ തുടർന്നാണ് അവിടെ വിപ്ലവകാരികളായ ആളുകളുടെ മുന്നേറ്റം അവർക്ക് വിപ്ലവത്തിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തുന്നത് അന്താരാഷ്ട്ര ലെവലിൽ പരാമർശിക്കപ്പെട്ടിരുന്നത് പാകിസ്ഥാൻ വഴിയാണെന്നാണ് ആ സന്ദർഭത്തിൽ ചില സുഹൃത്തുക്കളുമായി പല ആൾക്കാരും ഒക്കെ വെച്ച് കാണൂ ആ കൂട്ടത്തിൽ ഒരാളെ കണ്ടപ്പോൾ ഈജിപ്ഷ്യനെ കണ്ടു അദ്ദേഹത്തെ കണ്ടാൽ ഒരു പാകിസ്ഥാൻ മോഡലാണ് അദ്ദേഹത്തെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ കയ്യിൽ പോയ കഥയായതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഇപ്പം ഞാൻ അയവിറക്കുന്നത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുകയാണ് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അത് റഷ്യൻ്റെ പിടിത്തത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനെ മോചിപ്പിക്കാൻ വേണ്ടി അതിന് സഹായം നൽകിയത് അമേരിക്കയാണ് അമേരിക്കൻ്റെ സൗകര്യത്തോടു കൂടിയാണ് പാകിസ്ഥാനിൽ വെച്ച് അത്തരക്കാരായ ആളുകൾക്ക് പരിശീലനം നൽകിയത് ജിഹാദിന് വേണ്ടിയുള്ള തുടക്കം അവർക്ക് പരിശീലനം നൽകി പാകിസ്ഥാനിൽ വെച്ച് പരിശീലനം നൽകി അങ്ങനെ പരിശീലനം കിട്ടിയ ആളുകളെല്ലാം എല്ലാം അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടെ നിന്ന് സമരം തുടങ്ങി ആ സമരത്തിന് അമേരിക്ക റഷ്യക്കൂർ പുറത്തു പോകേണ്ടി വന്നു ഒരുപാട് ജിഹാദിൻ്റെ ആളുകളുടെ ശ്രമം അതിൻ്റെ പുറത്ത് അള്ളാഹു താര വലിയൊരു വലിയും കൊടുത്തു ലോകത്തിന്റെ ആറിലൊന്ന് ഭാഗം ഭൂപ്രദേശം ഉള്ള റഷ്യ ആ റഷ്യ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഗോതമ്പയച്ച കയച്ചു കയറ്റുമതി ചെയ്യുന്ന രാജ്യം ആ രാജ്യത്ത് ആ വർഷം ഒരു വർഷത്തിൽ അവർ ചെയ്ത ബുത്തുകളും മുഴുവനും വണങ്ങിപ്പോയി ഒറ്റ ബുത്തും മുളച്ചില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഗോതമ്പ് കയറ്റിയിരുന്ന റഷ്യക്ക് പിന്നെ പല ആളുകളുടെ മുന്നിലും കൈ കാണിക്കേണ്ടി വന്നു പല ആളുകളുടെ മുമ്പിലും കൈ കാണിക്കുന്നത് റൊട്ടിക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി അന്ന് ആ സമയത്ത് ഞാൻ റിയാദിൽ പലപ്പോഴും സന്ദർശിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ റിയാദിലെ പല പള്ളിയിലും ഒരു കാർട്ടൂൺ ആ കാർട്ടൂണിൽ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ അല്ല റഷ്യൻ പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ ആയുധങ്ങളുമായി വരിവരിയായി നിൽക്കുന്നു വരിവരിയായി നിൽക്കുന്ന അവര് അവരുടെ ആയുധം കൊടുക്കാൻ വേണ്ടി എന്താ വില അവർക്കാവശ്യമായ റൊട്ടി കിട്ടണം അപ്പൊ റൊട്ടിന്റെ കഷ്ണം ഒരാളുടെ ഒരു സാധാരണക്കാരന് അവർ പാവപ്പെട്ട അഫ്ഗാനിന്റെ കയ്യിൽ അല്ലെങ്കിൽ അഫ്ഗാനിനെ സഹായിക്കുന്ന ഒരാളുടെ കയ്യിൽ കുറച്ച് റൊട്ടി അതിൽ കുറച്ചാൾ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി വരുന്ന റൊട്ടിയുമുണ്ട് ആ റൊട്ടികൾ അവർക്ക് കൊടുക്കുന്നു ഇടത്തെ കൈറ്റ് വലത്തേ കൈയ്യേറ്റ് വാങ്ങിക്കുന്നു ഇതാ കാട്ടൂൺ ഒരു സാഹചര്യത്തിൽ റഷ്യക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം ഒരു രണ്ട് നിലയിൽ അള്ളാഹുന്റെ ഭാഗത്തിൽ പരാമർശിച്ചത് മുസ്ലിംകളുടെ വിജയത്തിന്റെ സൂചനയായി എന്ന് പറഞ്ഞത് ഒന്നാമത്തത് നിങ്ങൾക്ക് അള്ളാഹു സുബാനു മലായിക്കത്തിന് ഇറക്കി തന്നു രണ്ടാമത്തത് വലിയ ശക്തമായ കാറ്റുമുണ്ടായി ആ കാറ്റങ്ങട്ട് അടിച്ചപ്പോൾ ഡിസംബർ ജനുവരി തുടങ്ങിയുള്ള മാസങ്ങളിലായിരുന്നു ആ യുദ്ധം എന്നാണ് ഞാൻ ഓർക്കുന്നത് അതിൽ കാറ്റടിച്ചിട്ട് അവരുടെ ഒട്ടകത്തിനെയും ഒട്ടകക്കാട്ടിലിനെയും ഓരോ സാധനങ്ങളും മുഴുവനും ഇവിടുന്ന് എടുത്ത് വേറെ ഇതൊക്കെ കൊണ്ടുപോയി അറിയുന്നൊരു സാഹചര്യം പിറ്റേ ദിവസമാണ് അവരെല്ലാവരും കൂടി മീറ്റിംഗ് കൂടിയത് ഉഷ മീറ്റിംഗ് കൂടിയിട്ട് അവർ തീരുമാനിക്കുകയാണ് എല്ലാം അവിടുന്ന് തടികയച്ചിലാക്കാനുള്ളത് ആ സംഭവം നമ്മുടെ ഹരീതിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വള പറഞ്ഞിട്ടുണ്ട് പരമരഹസ്യമായ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി സഹാബിമാരെ റസൂറുല്ല അയച്ചു റസൂറുല്ലാൻ അയച്ചു അവർ ചെന്ന് ആ യോഗത്തിന്റെ റിസൾട്ട് എന്താണെന്നറിയാൻ വേണ്ടി വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോ അബൂ സുഫിയാൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ നമ്മളുടെ ഈ യോഗത്തിൽ പല ആളുകളും വന്നിട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ ആരാണ് എന്ന് രുത്തണം ഒരു സഹാബിയ സഹാബിന്റെ പേരൊക്കെ നമ്മുടെ ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്കത്തരക്കിൻ്റെ ഇടയിൽ പേര് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് എല്ലാവർക്കും ഹദീത്ത് ഓർമ്മ ഉണ്ടാവും ഒരാളെ അദ്ദേഹം പോയിട്ട് അവരുടെ കൂട്ടത്തിലുണ്ട് വിവരം ശേഖരിച്ചിൻ്റെ ഇടയിൽ ഈ പ്രഖ്യാപനം വന്നതോടുകൂടി അതീവ തന്ത്രശാലിയായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലവാത്തിരിക്കുന്ന ആളെ കൈ പിടിച്ചു നീ ആരാണോ ഞാൻ ഇനി ആളെ എനക്ക് അറിയില്ല ആ അറിയാം അറിയാം പുറത്തുള്ള ആളിയും ചൂപിടിച്ചു വല കൈ പിടിച്ചു നീ ഞാൻ എന്നാളാണ് തൽക്കാലം ആ തന്ത്രം കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് കഴിച്ചിലായിരുന്നു അപ്പം അത്തര അവർ രഹസ്യമായി ചെയ്ത ആ യോഗത്തിൽ വെച്ച് തീരുമാനിച്ചത് നമ്മൾക്കെല്ലാം അവിടുന്ന് ഇപ്പോൾ തടിയുക്കലാണ് നല്ലത് ആ നരക്ക് അവിടുന്ന് ഒഴിവാൻ വേണ്ടി ശ്രമിച്ചൊരു കഥ ഹദീസുമായി ബന്ധപ്പെട്ട് സെഹിൽ ബുഹാനിലും മറ്റ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം എന്നതുപോലെ ഇതിൽ നിന്ന് കഴിച്ചിലാവാനുള്ള മാർഗത്തെ പറ്റിയാണ് എങ്ങനെങ്കിലും അവിടുന്ന് കഴിച്ചിലാവണം ഏതായാലും റഷ്യന്റെ ഈ പതനം രണ്ടു നിരക്കുള്ള പതനം ഒന്നാമത്തെ പതനം സാമ്പത്തികമായി വലിയ ക്ഷീണം അതിന്റെ പുറത്ത് അമേരിക്കയുടെ ഇടപെടൽ അതൊക്കെ കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റഷ്യക്ക് പോകേണ്ടി വന്നു മറ്റേ യുദ്ധത്തിന്ന് മറ്റൊരു പോയ കൊറേഷ്യ പോയ വന്നു പോയിച്ചു പോയി പോയിട്ടാ പിന്നെ അമേരിക്കയുടെ കഥ വരുന്നത് ആ കഥ അടുത്ത കാലത്തുള്ള കഥയാണ് ആ കഥ ഇപ്പോഴും തുടരുന്ന കഥയാണ് ഓരോ ദിവസവും ബോംബും അക്രമങ്ങളും മറ്റുമൊക്കെ തന്നെ രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവം രക്തരൂക്ഷിതമായ പ്രവർത്തനം ഇതാണ് ലോകത്തുള്ളത് അതിനിടയിലാണ് ഇപ്പോൾ ഓമനപ്പേരിൽ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഒരു ഓമനപ്പേർ സൗരത്തുൽ മുല്ലപ്പൂരി വിപ്ലവം മുല്ലപ്പൂവിപ്ലവം എന്നായി നാണം ആര് താൻ നടത്തിയതാണ് എന്നതിനെ സംബന്ധിച്ച് പല വ്യാ വി വ്യാഖ്യാനങ്ങളും പല വിശദീകരണങ്ങളും ഉണ്ട് ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടെങ്കിലും പിന്നിൽ ആരൊക്കെ ചിലപ്പോൾ നമ്മക്ക് തിരിച്ചറിയാൻ കുറച്ച് കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ടി വരും അങ്ങനെയാണ് അവസ്ഥ ഇസ്രായേലിന്റെ ഒരു പ്ലാൻ ഇപ്പം ആ പ്ലാൻ ഇപ്പം നടപ്പാക്കാനല്ലാതൊരു നൂറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം നടപ്പാക്കേണ്ടതാണ് നമ്മൾ രോഗം നടത്തുകയാണെങ്കിൽ ആ യോഗത്തിൽ നടത്തേണ്ട കാര്യങ്ങളെപ്പറ്റി നാല് മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ മുമ്പ് ആരോപിക്കുക രോഗത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ നടക്കുന്ന സംഭവത്തെ പറ്റിയാണ് അവരുടെ ചർച്ച അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ ഇപ്പൊ തന്നെ പലരും ചിന്തിച്ചു തുടങ്ങി യാസ്മീൻ വിപ്ലവം സൗറത് യാസ്മീൻ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്നത് ഓമന പേരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മിക്കവാറും അവർ തന്നെയാണ് എന്നുള്ളോടത്താണ് വെസ്റ്റേൺ രാജ്യങ്ങൾ തന്നെയാണെന്നുള്ളവർത്താണ് പലരും എത്തിച്ചേർത്തിട്ടുള്ളത് അപ്പോ യാസ്മിൻ വിപ്ലവം എന്ന് പറഞ്ഞാൽ രക്തം വലിപ്പിക്കാത്ത നിലയിൽ ഈ സാധനത്തിനെ പുറത്തു ചാടിക്കുക രക്തം പുറപ്പെടുവിക്കാതെ വിഷയത്തിൽ നിന്ന് ആളുകളെ രക്തം പുറപ്പെടുവിക്കാതെ വിപ്ലവം ഉണ്ടാക്കുക തുടങ്ങി ഇത് യഥാർത്ഥത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എന്ന് അല്ലെങ്കിൽ ഇന്റർനെറ്റ് മുഖേന ഈ പ്രവർത്തനം നടക്കുന്നത് ഇപ്പൊ നമ്മൾ വിചാരിക്കും ആളുകൾ മുഴുവനും നമ്മളെ കൂടെയാണ് അല്ലെങ്കിൽ വേറെ പലരും വിചാരിക്കും അവരുടെ കൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ആളുകളുടെ കൂടെ നമ്മളെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറിയെന്നുള്ള ഒരു വിപ്ലവം അത് ഇന്റർനെറ്റ് മുഖേന നടക്കുന്നു പല ആളുകളിടയിലും പല വിഷയങ്ങളിടുക എന്നിട്ട് ആ വിഷയത്തെ പറ്റി ചർച്ചയാക്കുക ആ ചർച്ചയിൽ പലരും പങ്കെടുക്കുക അങ്ങനെ കുറെ ആൾക്കാർ പങ്കെടുത്ത് ആൾക്കാരുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് ജനാധിപത്യത്തിലേക്കുള്ള ഒരു വഴി അത് വിപ്ലവരഹിതമായ വഴി അത് കണ്ടെത്താനാണ് തുടേശയിൽ തുടങ്ങിയത് അവിടുത്തെ രാജാവിനെ പുറം എന്നിട്ട് അവിടെ സ്വാതന്ത്ര്യം വേണം ജനാധിപത്യം വേണം അത് വിപ്ലവം ഇല്ലാതെയായിരിക്കണം രക്തച്ചൊരിച്ചിലില്ലാതെയായിരിക്കണം അപ്പൊ പിന്നെ പേര് പറയേണ്ടത് സൗരത്ത് യാസ്മീൻ തന്നെ യാസ്മീൻ വിപ്ലവം മുല്ലപ്പൂ വിപ്ലവം അതാ പേര് ഈ പേര് നടത്തി അവിടെ വിജയകരമായ നിലയിൽ അവർ പരീക്ഷിച്ചു അങ്ങനെ ആ രാജ്യത്തിന് വേറെ പുറത്തു നിന്നുള്ള കാര്യമായ പ്രത്യക്ഷ ഇടപെടലുകളില്ലാതെ പ്രത്യക്ഷ നിലയിൽ അടിവര കൊടുക്കണം പ്രത്യക്ഷ ഇടപെടലില്ലാതെ അവിടെ നിന്ന് കുറേ ആളുകളെ അവിടുത്തെ രാജാവിനും മറ്റും പുറത്താക്കാൻ വന്നു അതാണ് നമ്മുടെ അടുത്ത ദിവസം ഒക്കെ നമ്മൾ വായിച്ച പത്രം ഞങ്ങൾ കഴിഞ്ഞ വർഷം ബാബും സിലിയറും ഞാനും ബഹുമാനപ്പെട്ട മുനബർ അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പത്ത് അറുപതാളുണ്ടല്ലോ നാൽപ്പതാളുകൾ ഞങ്ങൾ ഇവിടുന്ന് പോയി സൂഫി ലോക സൂഫി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആ സമ്മേള ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കുകയാണെങ്കിൽ പത്തായിരം ആളുകൾ ആയിരം ആളുകൾ ഉണ്ടാവും ലോക സൂഫികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സൂഫികൾ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് അങ്ങനെ കിഴക്കും പടിഞ്ഞാറുമായ എല്ലാ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്ന് റഷ്യയിൽ നിന്ന് പോലും ആളുകളുണ്ടായിരുന്നു പലപ്പോഴും പലരും പലരുമായി ഇന്റർവ്യൂ നടത്തിയിട്ടുള്ളതാണ് ആ യോഗത്തിൽ റബ്യൂ ലെവലിൽ ഞങ്ങൾ ചെന്നു റബ്യൂ ലെവൽ ചെന്ന് ദിവസത്തെ പരിപാടി ചെല്ലുന്ന അന്ന് തന്നെ പത്രക്കാർ പിന്നാലെ കൂടി പത്രക്കാരല്ലാതെ ടെലിവിഷന്റെ ആൾക്കാർ എൻ്റെ അടുത്തൊരു കുട്ടി വന്നു അങ്ങനെ ഞാൻ അവരുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ന്യൂസുമായി ബന്ധപ്പെട്ട് സൂഫിസത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും കേരള കേരളത്തിലുള്ള ഇന്റീരിയർ സൂഫീസ് അതാ രൂപ കേരള ഓൽക്കപ്പെട്ടെന്ന് അറിയാനായിട്ടില്ല അതിനെപ്പറ്റി സംസാരിച്ചു ആ സംസാരം കഴിഞ്ഞു ഒന്നാമത്തേത് അങ്ങനെ പലരും പള്ളിയിലൊക്കെ ഞങ്ങൾ പോയി പള്ളിയിലൊക്കെ പോയി സംസാരിക്കുമ്പോൾ അവിടുത്തെ വിഷയത്തെ പറ്റി കദാഫി എന്ന് പറയുന്നത് ഏതായാലും സാമ്രാജ്യ ശക്തികളെ ഓടിച്ച് അവിടെ വലിയ തോതിലൊരു ഭരണം അയാൾ വിഭാവനം ചെയ്യുന്ന തോതിലൊരു ഇസ്ലാമിക ഭരണം നമ്മൾ വിഭാവനം ചെയ്യുന്ന നിലക്ക് നൂറ് ശതമാനവും അത് ഇസ്ലാമിക ഭരണമാണ് എന്ന് പറഞ്ഞുകൂടാം എന്നാലും ഇസ്ലാമിക പേരിൽ തൊള്ളായിരത്തി എൺപത്തി നേതൃത്വത്തിൽ തന്നെ ഒരു ഇസ്ലാമിക കോൺഫറൻസ് ഉണ്ടായി ഇന്റർനാഷണൽ ഇസ്ലാമിക കോൺഫറൻസ് ഹൈദരാബാദിൽ വെച്ചാണ് കോൺഫറൻസ് ഉണ്ടായത് അന്ന് കഥാപി തന്നെയാണ് നേതൃസ്ഥാനത്തുള്ളത് ആ യോഗത്തിൽ പി പി ഉസ് ബാഹുദ്ദീൻ അന്താരാഷ്ട്ര ലെവലിൽ നടന്ന സമ്മേളനത്തിൽ ആധുനിക പ്രശ്നങ്ങൾ ഫിഹുവിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പരിഹരിക്കാമെന്ന ഒരു പ്രബന്ധം ഞാൻ അവതരിപ്പിച്ചു നമ്മുടെ മദ്രസാ പ്രസ്ഥാനത്തെ പറ്റിയാണെന്ന് തോന്നുന്നു അന്ന് രംഗത്തിന്റെ അങ്ങനെ മല്ലെ മല്ലെ വന്ന് ഏതായാലും ആ പല സ്ഥലങ്ങളിലും കയറി പിടിക്കാനും പല മുസ്ലിം കാര്യങ്ങളിലും സ്വാധീനം ചെലുത്താനും അന്ന് തന്നെ കഥാഫ്യം കൂട്ടുണ്ട് മുമ്പിലൊപ്പം അപ്പൊ ആ ദിവസത്തിൽ ഞങ്ങൾ ചെന്ന് സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല രണ്ട് മൂന്ന് മീഡിയകളുമായി സംസാരം ഉണ്ടായി ആഫ്രിക്കൻ മീഡിയയുമായി ഇന്റർനാഷണൽ മീഡിയയുമായി ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി കുറെ നേരം ഞാൻ സംസാരിച്ചു പിറ്റേ ദിവസം ഭൗതി മുതലും പോയി സംസാ മീഡിയയിൽ അന്നൊന്നും അവിടെ ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ചെറിയൊരു സൂചന ഉണ്ടായി ഞങ്ങൾ മടങ്ങിപ്പോരുന്ന സന്ദർഭത്തിൽ ചില ആളുകളോട് ചില വിഷയത്തെ പറ്റി സംസാരിച്ചപ്പോ അവർക്ക് ശരിയായ നിലയിൽ ഒരു സംസാരമില്ല അപ്പൊ ചെറിയെന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ഇതില്ലേ ഇന്ന് മനസ്സിലായിട്ടില്ല ഏതായാലും അവിടെ തുടങ്ങി ഇന്റർനെറ്റ് മുഖേനയുള്ള ഒരു ആള് തന്നെ കൈയാടുക ജനാധിപത്യത്തിലേക്കുള്ള ചാട്ടമാണ് ചില സ്ഥലങ്ങളിൽ അത് വിജയിച്ചു അത് അതിൻ്റെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈജിപ്തിലും തുടങ്ങി ഞങ്ങൾ അവിടുന്ന് ഒരാഴ്ചയോടുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നോ വരുന്നതിൻ്റെ വന്ന് വന്നതിന്റെ പിറ്റേന്നോ പിറ്റിയോന്നോക്കെയാണ് അവിടുത്തെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഒരു ഡയറക്ടർ ആ ഡയറക്ടറുടെ കണ്ണും കാതും കണ്ടാൽ അദ്ദേഹം വലിയൊരു ഇന്റലിജൻസിൻ്റെ ആളെ പോലെ ഇത് മുഴുവനും നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ് സൂഫികളെ പറ്റി നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് സൂഫികളുടെ പ്രസംഗം കഴിഞ്ഞാൽ പ്രബന്ധം കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അതിൻ്റെ തെസഹി നടത്തുന്നതും അതിനാവശ്യമായ നിർദ്ദേശം നടത്തുന്നതും ഒക്കെ അയാളാണ് അങ്ങനത്തെ ഉടച്ചു കണ്ടു ഒന്ന് രണ്ടാൾക്കാരടി കയറി കൂടിയപ്പോൾ അവരെ പിടിക്കാനും അവരെ മറ്റുള്ള ആളെ ഏൽപ്പിക്കാനും ഒക്കെ ഉള്ളത് അപ്പൊ ചുരുക്കത്തിൽ ഈ നദക്ക് ആളുകളടിയിലേക്ക് മെല്ലെ മെല്ലെ കയറി കൂടി മെല്ലെ മെല്ലെ കയറി കൂടിയിട്ട് കദാഫിക്കെതിരെ വിഷയങ്ങൾ ഉണ്ടാക്കി അത് യഥാർത്ഥത്തിൽ വെറും ഒരു യാസ്മീൻ വിപ്ലവമായിരുന്നില്ല യാസ്മീൻ വിപ്ലവം കൊണ്ട് അവിടെ വിജയിക്കാൻ കഴിയുന്ന അത്രമാത്രം ജനങ്ങളിൽ സ്വാധീനം ചൊലുത്തിയിട്ടുണ്ട് കദാഫി വളരെ കുറച്ചാൾ അതിരില്ല എന്നുള്ള അഭിപ്രായത്തിലല്ല പക്ഷേ ഈ എതിരില്ല ആളുകളെ കൊണ്ട് നേരത്തെ തുലീശിൽ ചെയ്തതുപോലെ വിപ്ലവം വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല ആ വിപ്ലവം പിന്നെ നാറ്റോ ഏറ്റെടുക്കേണ്ടി വന്നു നാറ്റോ കുറെ കാലം ഓടി പരക്കമ്പാച്ചിലും പമ്പരഞ്ചരിയും പതിനെട്ടടവും എല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് കാര്യമായി നേടാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ കുറച്ചാളുകളും കൂടി മേൽക്ക് കിട്ടി അങ്ങനെയാണ് അവിടെ വിപ്ലവം നടത്തിയത് പക്ഷെ ആ ഈ ജാസ്മീൻ വിപ്ലവം മുല്ലപ്പൂ വിപ്ലവം പോയിട്ട് ഇപ്പോൾ രക്തരൂക്ഷിതമായ വിപ്ലവമാണ് ഭരണം മാറി ഭരണം മാറിയിട്ട് ഏതോ ചില ആളുകളൊപ്പം കൂടി അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നെറ്റ് മുഖേനയുള്ള വിപ്ലവം മാത്രമല്ല നെറ്റ് മുഖേനയുള്ള വിപ്ലവമായിരുന്നു എങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നൊരു വ്യക്തിയിലേക്ക് ഒരു സമൂഹത്തിൽ നിന്നൊരു സമൂഹത്തിലേക്ക് എത്തിച്ച് രക്തമില്ലാതെ നടക്കേണ്ട വിപ്ലവമായിരുന്നു അങ്ങനെയെല്ലാം നടന്ന വിപ്ലവം ധാരാളം നടന്നു അവിടെ രക്ത ചൊരിച്ചിട്ടുണ്ടായി ഭരണം മാറുന്ന ഒരവസ്ഥ വന്നു അത് മാറിയിട്ട് ഇപ്പോഴും വേണ്ടമാതിരി ശരിയായിട്ടില്ല അത് ശരിയാകുമെന്ന പ്രതീക്ഷയുമില്ല പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കുള്ളത് അവിടുത്തെ എണ്ണ സമ്പത്ത് അത് നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യമായിരുന്നു അതാണ് അവിടെ ആണത് അപ്പോ വിപ്ലവം അവിടെ ശരിയായില്ലാന്നർത്ഥം തുനീഷിയിൽ കുറച്ച് ശരിയായി സിറിയൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഈജിപ്തിൽ നടന്നു ഹുസമിൻ മുബാറക്കനെ പുറംതള്ളപ്പെട്ടു ഹുസിനിൻ മുബാറക്കനെ സംബന്ധിച്ച് എല്ലാവരും മതി ചെയ്തിരുന്നു രണ്ടു കൊല്ലം മുമ്പ് ഞങ്ങൾ ഈജിപ്തിൽ ചെന്നപ്പോ അവിടെ എല്ലാ നിലയിലും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു പക്ഷെ ചില ആളുകളുടെ അപ്പോഴും ഉണ്ട് അങ്ങനെ മെല്ലനെ മെല്ലനെ ഇഹ്വാൻ കൂടി സരഫി കൂടി എല്ലാവരും കൂടി അവസാനം തെരഞ്ഞെടുപ്പിൽ അവിടെ നിങ്ങൾ കണ്ടു പക്ഷെ എന്നാലും ഒരു നല്ല ഭരണത്തിലെത്തിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് പത്രത്തിന്റെ റിപ്പോർട്ട് അതെനി എവിടത്തും രക്തത്തിലെത്തുന്നറിയില്ല ഈ ഇപ്പോഴും രക്തത്തിന്റെ പാടുകൾ രക്തം ഒലിച്ചു തുനീഷ്യയും സിറിയയിൽ ഇപ്പോ കുഴപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സിറിയയിലെ കുഴപ്പം അവിടെ അരവി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഭരണത്തിലുള്ളത് ഹാഫിദു അസദ് എന്താ അല്ലാറു അസദ് മറ്റേ മകൻ ആ അയാളെ സംബന്ധിച്ചിടത്തോളം നാറ്റോ ഐക്യരാഷ്ട്രസഭാലും സ്വീകരിക്കില്ല വേറെ ആര് പറഞ്ഞാലും സ്വീകരിക്കില്ല അതിന്റെ പിന്നാലെ ഇപ്പൊ അതുപോലെ ചൈനയും കൂടിയിരിക്കുകയാണ് വീറ്റോ ചെയ്തിരിക്കുകയാണ് പത്രത്തിൽ നിങ്ങൾക്കൊക്കെ അറിയുക പത്രം മുഖേനയെ ആ റിപ്പോർട്ടുകൾ പക്ഷെ അദ്ദേഹം പലരും മനസ്സിലാക്കിയതുപോലെ ഷിയ അല്ല ഷിയാക്കളോട് അഭിമുഖമുള്ള ആളുമല്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞമ്മള് ജാമ്യയുടെ സമ്മേളനത്തിൽ ഇവിടെ വന്ന് രണ്ടു മൂന്ന് സമ്മേളനത്തിൽ വന്ന് പല സ്ഥലത്തും പര്യടനം നടത്തിയൊരു യൂസഫുൾ അലവി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം അലവി കുടുംബവുമായി ബന്ധപ്പെട്ട ആളാണ് അയൽ പറഞ്ഞത് ഇയാൾ അലവിയൊന്നും അല്ലാന്നാ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് ഷിയല്ല അലവിയല്ല അയാളൊരു സുന്നി പ്രസാനക്കാരനുമല്ല അലവ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ഡോക്ടർ യൂസുഫ് അൽ അലവി പറഞ്ഞതനുസരിച്ച് ടെക്സ്റ്റ് ബുക്കും മറ്റും വലിയൊരു കമ്മിറ്റിയിലെ മെമ്പർ ഗവൺമെന്റിൽ ശ്രദ്ധേയനായ യൂസുഫ് അലവി അന്ന് കഴിഞ്ഞ റമദാനിൽ അല്ലെങ്കിൽ റമദാന്റെ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളുമായി സംസാരിച്ചപ്പോൾ ബഹ്റിനിൽ പറഞ്ഞത് ആളൊന്നുമല്ലെന്നാ അയാൾ കുന്നും കുറച്ച് താമസിച്ചപ്പോൾ കുന്നുമ്മ താമസിക്കുന്നയാളെ സംബന്ധിച്ച് സാധാരണ ഉയർന്ന പ്രദേശം എന്ന നിലയിൽ ആ പേര് കിട്ടി അങ്ങനെ വന്ന് അരവിയാണല്ലാതെ അരവിയോട്ടെ അവർക്ക് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വേറെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ആ മീറ്റിംഗിൽ അദ്ദേഹം പ്രസംഗിച്ചതും അങ്ങനെ തന്നെയാണ് അപ്പൊ ചുരുക്കത്തിൽ ഈ നിലക്കുള്ള വിപ്ലവമാണ് ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ജാസ്മീൻ വിപ്ലവം പോയി മുല്ലപ്പൂ വിപ്ലവം പോയി ആ വാസന മുല്ലപ്പൂവിന്റെ വാസന പോയി രക്തം വലിപ്പിക്കുന്ന നിലക്ക് തന്നെയാണ് ലോകം മുഴുവൻ അപ്പോൾ ഒരു ആശ്വാസം നമ്മളെ കുറെ ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചു ഈ കാണുന്ന സ്വേച്ഛാധിപത്യമൊക്കെ പോയിട്ട് നല്ലൊരു ജനാധിപത്യം വന്നെങ്കിൽ തരക്കെടുണ്ടായില്ല എന്നുള്ള ആഗ്രഹം അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ രക്തചെരിച്ചിലില്ലാതെ നടക്കുമെന്ന് വിചാരിച്ചു പക്ഷേ രക്തചെരിച്ചിൽ ധാരാളമായി ചെയ്യേണ്ടി വന്നു അവസാനം കണ്ടതാണ് ഞമ്മൾ അത് കഴിഞ്ഞതിനു ശേഷം നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടി വന്ന് ബോംബിടുക ബോംബിടുക ബോംബിടുക യുദ്ധം ചെയ്തിട്ടൊന്നുമല്ല അങ്ങോട്ട് ബോംബിടന്നെ തലി കൂടി തിരിച്ചും മറിച്ചും നിരപരാധികളെ കൊന്നൊടുക്കി ധാരാളം എന്നിട്ട് മറ്റേ ആൾക്കാർ എടുത്തിപ്പോൾ വന്നു കതാപിന്റെ അവസാനം കത്തിയൊക്കെ നമുക്കറിയാം അങ്ങനെ ആ ഭരണം വന്നാലും ഇപ്പോഴും അത് സുഖരമായിട്ടില്ലാത്ത അവസ്ഥ ഈജിപ്തിൽ പോലും ക്ലിയർ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്ത ഈ അവസ്ഥ ഇന്ന് നമുക്ക് ബാധിക്കാം ലോകത്തുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചലനങ്ങൾ മൂന്നായി ബാധിക്കാം വന്ന് അറബ് രാജ്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രവർത്തനങ്ങൾ മറ്റൊന്ന് അറബേതര ഇസ്ലാമിക രാജ്യങ്ങൾ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയുള്ള രാജ്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ തുർക്കി തുടങ്ങിയുള്ള രാജ്യങ്ങളൊക്കെ വേറെ ഒന്ന് മുസ്ലിം ന്യൂനപക്ഷമുള്ള രാജ്യങ്ങൾ ഇന്ത്യ ശ്രീലങ്ക ബർമ തായ്ലാന്റ് ഫിലിപ്പീൻ തുടങ്ങിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്നത് ഇവിടങ്ങളിലൊക്കെ സാധാരണമായി ഇസ്ലാമികേതര രാജ്യങ്ങൾ അറബേതര രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക പ്രബോധന ശക്തമാണ് ഇന്ത്യയിൽ ശക്തമാണ് ശ്രീലങ്കയിൽ ശക്തമാണ് അതുപോലെ ഫിലിപ്പീനിലും ഒരു ആ പ്രദേശത്ത് ശക്തമാണ് വേറെ പല സ്ഥലങ്ങളിലും ഇസ്ലാമിക പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും ശക്തമാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം അമേരിക്കയിലും ശക്തമാണ് സെപ്റ്റംബർ സംഭവത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പ്രയാസങ്ങളുണ്ടായി ഞമ്മളെ ഓർഫനേജിനൊക്കെ ഉണ്ടായിരുന്ന എല്ലാ സഹായങ്ങളും നിർത്തി അമേരിക്കന്റെ ഫുവിന്റെ അടിസ്ഥാനത്തിൽ എന്താ അമേരിക്കന്റെ ഫസ്റ്റ് ഫത്തുവ അമേരിക്കയുടെ ഫത്ത്വ കൊടുക്കുന്നത് സൗദിക്ക് ജിഹാദിൻ്റെ ആഴത്തുകൾ ഒഴിവാക്കിയിട്ട് പഠിപ്പിക്കണം അതൊന്ന് മറ്റൊന്ന് സഖാത്ത് കൊടുക്കേണ്ടത് അവൻ്റെ നാട്ടിലുള്ള ആളുകൾക്കാണ് അപ്പം അറബികൾ തന്നെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാകുമ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുത്തില്ല കൊടുക്കട്ട ആവശ്യമല്ല അവൾക്ക് കൊടുക്കാൻ പാടില്ലാതെ സഖാത്ത് കൂടുവിലാണ് അമേരിക്കൻ്റെ ഫത്ത്വ അതനുസരിച്ച് നമ്മുടെ നാട്ടിൽ എഴുപതിൽ ചില്ലാന അനാഥശാലകൾ ഗവൺമെൻറ്റിൽ നിന്ന് ഈ എഫ് സിയിലെ അനാഥശാലകളുണ്ട് അവരിൽപ്പെട്ട പലതിനും അവിടുത്തെ സഹായം കിട്ടിയിരുന്നു അയ്യാർ ഇന്റർനാഷണൽ ഇസ്ലാമിക് റിലീഫ് ഓർഗനൈസ് നമ്മൾ അൻവർ ഇസ്ലാമിന് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം കുറുപ്പിയ കിട്ടിയിരുന്നു നാല് ലക്ഷം വീതം നാല് മാസം കൂടുമ്പോൾ അങ്ങനെ മൂന്ന് കെടുക്കളായി പന്ത്രണ്ട് ലക്ഷം അങ്ങനെ ഒരുപാട് എത്തിയാനകൾക്ക് കിട്ടിയിരുന്നു അത് മുഴുവൻ മരവിപ്പിച്ചു പൈസ കൊടുക്കാൻ പാടില്ല ഇപ്പോൾ ഏതാണ്ട് പത്ത് കൊല്ലമായപ്പോഴത്തേക്ക് അത് അതിൻ്റെ അദ്ദേഹം മടഞ്ഞുപോയി പ്രാപിച്ച പലപ്പോഴും നമ്മളോട് പറഞ്ഞു ഇന്റർനാഷണൽ റിലീഫ് ഓർഗനൈസേഷൻ പറഞ്ഞു നിങ്ങളൊരു ഓഫീസ് തുടങ്ങുക അതിനുള്ള സൗകര്യപ്പെടുത്താം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് പലരുമായും ബന്ധപ്പെട്ടെങ്കിലും നിങ്ങൾക്ക് എഫ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി വേറെ ഒരു ഓഫീസിൻ്റെ കാര്യം ഇവിടെ പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളവർത്താണ് അവസാനെത്തിയത് ഒരിക്കൽ പറഞ്ഞു റിസർവ് ഇന്ത്യൻ്റെ അനുവാദം വേണമെന്ന് അത് ചെയ്യാക്കി പിന്നെ പറഞ്ഞു ഫ്റ്റനൽ അഫേഴ്സിൻ്റെ അംഗീകാരം വേണം അങ്ങനെ വിദേശ കാര്യാലയത്തിൻ്റെ അംഗീകാരം അതും ഒരു നിരക്കുണ്ടായി അവസാനം അവർ പറഞ്ഞു ഒരു ബാങ്ക് തുടങ്ങണം ഒരു ഓഫീസ് തുടങ്ങണം ഓഫീസ് തുടങ്ങിയ നമുക്ക് ഒരുപാട് കാര്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ദൈവപ്രവർത്തനത്തിന് പറ്റിയിരുന്നു ഗവൺമെൻറിന്റെ മേൽനോട്ടമുണ്ടാകും അത് നമുക്ക് നല്ലതായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനത്തിന് പക്ഷെ നിന്നുപോയി മുടങ്ങിപ്പോയി അപ്പം ആ നിരക്ക് സാമ്പത്തികമായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള നമ്മുടെ സഹായങ്ങൾ നിന്നുപോയി എന്നാലും വേറെ പല നിരങ്ങളിൽ അപ്പോ ഒന്ന് മൂന്ന് രാജ്യങ്ങളിൽ ഒന്ന് അറബ് രാജ്യങ്ങൾ ഒന്ന് അറബേതര ഇസ്ലാമിക രാജ്യങ്ങൾ മറ്റൊന്ന് അറബ് രാജ്യമല്ല ഇസ്ലാമിക രാജ്യമല്ലാത്ത മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള രാജ്യം അതിലാണ് രണ്ടു നിർത്താം അപ്പോ അങ്ങനെ അറബേതര ഇസ്ലാമേതര രാജ്യങ്ങൾ അതായാലാണിപ്പോ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പെടുക അവിടങ്ങളിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളും അതുപോലെ നമ്മുടെ സമ്മേളനങ്ങളും എല്ലാ കാര്യവും വളരെ സജീവമായി നടക്കുന്നു ചിലപ്പോൾ ഇന്ത്യയിലാണ് ഇസ്ലാമിക പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കുക ഇനി അമേരിക്കയിലും അവിടെയുണ്ട് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ അമേരിക്കയിൽ ഇസ്ലാമിക പ്രവർത്തനം ഒന്നും വരും തുടങ്ങിയതല്ല ആഗോള ഇസ്ലാമിക മുന്നേറ്റം എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതി ആ പുസ്തകം എഴുതാനുള്ള കാരണം മുസ്ലിം ലോകത്തിലുള്ള ചലനങ്ങളെ പറ്റി ജനങ്ങളെ നമ്മുടെ സഹോദരന്മാർക്ക് എത്തിച്ചു കൊടുക്കാൻ ആ പുസ്തകം അത് അടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേ വിറ്റ് കഴിഞ്ഞു എൻ്റെ ഒരു കോപ്പി പോലും കിട്ടാനില്ല ആഗോളതലത്തിൽ ഇസ്ലാമിക മുന്നേറ്റം അതിൽ നമ്മൾ പറയണത് അമേരിക്കയിൽ ഇസ്ലാമിൻ്റെ മുസ്ലിംകളുടെ പെർസെൻറ്റേജ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് എന്നാണ് ഒരു പത്ത് കൊല്ലത്തെ കണക്കാണതെങ്കിൽ ഇപ്പോഴത്തെ കണക്ക് ഒമ്പത് ശതമാനത്തിലേത് ശബ്ദം പരി സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരു നിലക്ക് മുസ്ണ്ടെങ്കിലും വേറെ നിലക്ക് നോക്കുമ്പോൾ ഇസ്ലാമികമായിട്ടുള്ള പ്രവർത്തനം അവിടെ സജീവമായി നടക്കുന്നു പല സ്ഥലങ്ങളിലും ഇസ്ലാമികമായ പ്രബോധനം നടക്കുന്നു ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നു ഈ വരുന്നതിൽ നമ്മൾക്കുള്ള സന്തോഷം താമസിച്ചാൽ വളരെ സൂഫി ലൈനിലേക്കാണ് അവരുടെ വരവ് എന്നുള്ളതാണ് ഒരു നാലഞ്ച് വർഷം മുമ്പ് മദീനത്ത് വെച്ച് ഞാൻ കുറച്ച് ആളുകളെ കാണുകയുണ്ടായി റമദാനിൽ ഇർത്താറിൻ്റെ സമയത്തും മറ്റുള്ള ടൈമിനും നല്ല വെളി വെളുത്ത മുഖം നല്ല താടി അതോടുകൂടി ഒരു തസ്ബീമാരുടെ കയ്യിൽ തൊപ്പി തലിയിൽ ധരിച്ചിട്ട് അതിൻ്റെ മേലൊരു തലി കെട്ടും അവരുമായി അറബിന് സംസാരിച്ചപ്പോൾ അറബി വശമില്ല അപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചു നോക്കുമ്പോൾ കുറേശ്ശെ ഇംഗ്ലീഷ് അറിയാം എനിക്കരണമാര് സംസാരിച്ച് നോക്കുമ്പോൾ ഇംഗ്ലീഷ് അവർക്കും കുറേശ്ശേ അറിയാം ഫ്രഞ്ചുകാരാണ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഏതാണ്ട് രൂപത്തിലുള്ള അമേരിക്കക്കാരും അതീനത്തെ പള്ളിൻ്റെ ചുറ്റുവട്ടത്തിലും പള്ളിൻ്റെ ഉള്ളിലും ആ സഹോദരന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ അടുത്ത ദിവസങ്ങളിലായി ഇസ്ലാമിൽ വന്നിട്ടുള്ള ആളുകളാണ് അവർക്ക് ഇസ്ലാമികമായ പ്രബോധനം നടത്തിയത് നമ്മുടെ ഇന്ത്യക്കാര ആയിട്ടുള്ള കുറെ ആൾക്കാർ കുറെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പെട്ട ആൾക്കാർ കുറെ അറബ് രാജ്യങ്ങളിൽ നിന്നും മറ്റും അവിടെ കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടക്കുന്നു പല നടക്കുന്നു നർത്ഥം നെറ്റ് മുഖേന നടക്കുന്നു അല്ലാതെയും നടക്കുന്നു നമ്മുടെ ഈ സമ്മേളനത്തിന്റെ പ്രചരണമായി ഞാൻ ദിയാലിൽ ആദ്യം ചെന്നപ്പോ അറ്റു സമയത്തൊന്നു പോയി അത് കഴിഞ്ഞപ്പറത്തൊന്നു പോയി അതിന്റെ മുമ്പ് ആദ്യത്തെ യാത്രയിൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ആളുകൾക്ക് ക്ലാസ് നടത്തുന്നുണ്ട് ആ ക്ലാസ്സിൽ രാത്രി പിന്നെ യശാന്ത ശേഷം പന്ത്രണ്ട് മണി കഴിഞ്ഞെങ്കിലേ അവരെ കിട്ടുകയുള്ളൂ പന്ത്രണ്ട് മണി കഴിഞ്ഞ് നമ്മളെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ വ്യാഴ്ചവർക്ക് ക്ലാസ് കഴിഞ്ഞു എന്നോടാണെങ്കിൽ ഡോക്ടർ ഒമ്പത് മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന്റെ മുമ്പ് ആവാം പത്തുമണിയോട് ഇറങ്ങണം എന്നാ ഞാൻ അന്ന് ഒരു മണിക്കാണ് ഇറങ്ങിയത് അന്ന് ഇറങ്ങിയും അവരെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു നമ്മുടെ കേരളക്കാരായ സുഹൃത്തുക്കൾ വളരെ സന്തുഷ്ടരാണ് ഒരുപാട് ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുത്തു പിറ്റിയ എന്ന അസർക്കൊരു ക്ലാസ് പതിനഞ്ചാള ആ ക്ലാസ്സിലുള്ളത് അതിൽ കുറച്ച് കന്നഡക്കാരുണ്ട് കുറച്ച് അമേരിക്കക്കാരുണ്ട് കുറച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുള്ള കാര്യമുണ്ട് ആ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ ശേഷം പിറ്റിയത്തെ ശനിയാഴ്ച ഞാൻ മടങ്ങിപ്പോരാണ് ആ പോരുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒരു പിന്നെ ഒരു ക്ലാസ് ഇന്നത്തെ സൗഫകുലു എന്നതായിരുന്നു വിഷയം ആ വിഷയത്തെ പറ്റി ക്ലാസ് കഴിഞ്ഞ് ആ ക്ലാസ് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ പോലും ചെയ്തു ഞാൻ നാട്ടിലെത്തിയപ്പോൾ അവിടുന്ന് നമ്മളിട്ട് യാതൊരു പരിചയവും ചില വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുള്ള സഹോദരന്മാർ ഞമ്മളോട് വിളിച്ചു പറയുന്നു അവരോട് വിളിച്ചു നമ്പർ ചോദിച്ചു നമ്പർ അവർ കൊടുത്തു ആ ആ നമ്പർ കൊടുത്ത ആളുകൾ നമ്പറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ അപ്പോഴാണ് മനസ്സിലായത് ഞമ്മളീ പതിനഞ്ചാളുടെ മുമ്പിൽ സംസാരിച്ച ഈ സംസാരം അത് ഫ്രഞ്ചിലുള്ള ചില സഹോദരന്മാരും അമേരിക്കയിലുള്ള ചില സഹോദരന്മാരും നമ്മുടെ പ്രസംഗം കേട്ടു മനസ്സിലാക്കി എന്നിട്ട് അതിന്റെ വിഷയങ്ങൾ ചിലത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളെ അറിയിച്ചു ആ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു സ്ഥലത്ത് നാലാളോട് സംസാരിച്ചാലും നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കുന്നതുപോലെ ഒരു സ്ഥലത്ത് നടക്കുന്ന പരിപാടി തായക്കോട് ഞങ്ങളൊരു പ്രസംഗം കടിക്കല്ലത്താണെങ്കിൽ ഒരു പ്രസംഗം കഴിഞ്ഞു കൊല്ലം കഴിഞ്ഞുപോയതിനു ശേഷം ഞാൻ പോന്നു തിരുവടെ കരിങ്കല്ലത്താണി കഴിഞ്ഞ് താഴെക്കോട്ടെത്തുന്നതിൻ്റെ മുമ്പ് ദമാമില്ലെന്നുള്ള നമ്മളെ കുട്ടിച്ചെറിയ കുട്ടികൾ വിളിച്ചു നിങ്ങളെ പ്രസംഗം കേട്ടു അതേ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ആ നിരക്ക് വിളിച്ചു അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കരിങ്കല്ലത്താണിയിലാണെങ്കിൽ നമ്മളിവിടെയാണ് സംസാരിക്കുന്നതല്ലേ ഈ സംസാരത്തെ എവിടേക്ക് എത്തണമെന്ന് നമുക്കറിയില്ല ഈ എത്തുന്ന സംസാരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് കൊടുക്കാനുള്ള ആളുകളും നമ്മളെ കേന്ദ്രത്തിൽ തന്നെ ഉണ്ട് ആ നിരക്കിലൊരു മത ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസ സമന്വയം ഇതൊക്കെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മളീ ഇരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ദായികളാണ് അവരൊരു ദൈവം മുഖേന ഈ സന്ദേശം എവിടൊക്കെ എത്തുന്നുണ്ട് ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഡൽഹിയിൽ പോയപ്പോ അവിടെ പോയപ്പോൾ തുർക്കി രാജ്യത്തിൽ നിന്ന് ഒരു നാലഞ്ച് വർഷങ്ങളായി ഇന്ത്യയിൽ തന്നെ എന്നെ തമു താമസിക്കുന്നതാണ് ഞാൻ പെട്ടെന്ന് വന്നാന്നാഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ പേര് ഷബാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു ഈ പുതിയ മുന്നേറ്റത്തിൽ തുർക്കി വളരെ മുന്നിലാണ് കഴിഞ്ഞ ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസിൽ തുർക്കികളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ സഫമായി വന്നിരുന്നു അയിപ്പെട്ടതല്ല വേറൊരാളും അദ്ദേഹം അടുത്താഴ്ച നാളെ ഇന്നൊക്കെ വരാൻ വേണ്ടി താല്പര്യപ്പെട്ടപ്പോ നമ്മുടെ ബഷീർ പിന്നെ മാസ്റ്റർ മുഖേന പനങ്ങാങ്ങര മുഖേന വരാൻ താല്പര്യപ്പെട്ടപ്പോ ഈ സമ്മേളനത്തിന്റെ കാര്യം പറഞ്ഞു ഫസ്റ്റ് വീക്കിൽ വരാന്നാ പറഞ്ഞത് ഇവിടെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് മതസ്ഥാപനങ്ങളല്ല ഭൗതിക സ്ഥാപനങ്ങൾ അത് ഏറ്റവും ആധുനികമായ ചിട്ടയോടുകൂടി നടത്താനുള്ള സൗകര്യത്തെ പറ്റി ആലോചിക്കുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പൊ അതോടുകൂടി സമയം കഴിഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബുഹാനുപത്താര നമ്മുടെ ഈ ഒത്തുചേരലിൽ ഒരു ഹയറായ അമലാക്കിത്തെരുമാർ ആവട്ടെ ലോകത്തെ ചരങ്ങം നമ്മൾ മനസ്സിലാക്കിയതും മനസ്സിലാക്കിയിട്ടില്ലാത്തതും അങ്ങനെ പല വഴിക്കത് പോവുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബഹാനുപത്താര നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഖൈര് നൽകുമാറാവട്ടെ ബർക്കത്ത് നൽകുമാറാവട്ടെ